സാധുവാശി ദുജി തൃഥി സർവാ വിധ്യ പൂർണ്ണ സാ സേക ഷ്യഗന്ധർമാനന്ദോത്രയസാമഹ തേ മനുഷ്യഗന്ധർ സേകോന്ധർമാനന്ദ ശ്രോത്രയസാമേദംർമാനന്ദയുതൃ ചോദലോക ശ്രോത്രേ ം പിതൃ ചിലോകലോക सदम कर्म ശ്രോത്രയസേ കിയന് ശ്രൌത്രയം <Shrotriya> സേന്ദ്രമാനന്ദ്രനന്ദ സജപതിരാനന്ദ ശ്രോത്രീസി ചേ ഈശതം പ്രജാപതിരനന്ദ്രണ ആനന്ദോത്രീസി ചാമഹത പ്രഥമം കാമകഥാഗ്രഹണം മനുഷ്യമനോത്രയസ മനുഷ്യനന്ദ് സുണേനന്ദോത്കർഷ മനുഷ്യഗന്ധർവേണ തുല്യ വക്താവർ തുടക്കത്തിൽ പറഞ്ഞത് യുവാധ്യായകഷ്ടോ ദുർഡിഷ്ടോ ബലിഷ്ടം അങ്ങനെയുള്ള സതം മാനുഷാനന്ദമാണോ മനുഷ്യഗന്ധർവന്റെ ആനന്ദം എന്നിട്ട് പറഞ്ഞ് ശ്രോത്രിയ അകാമഹത മനുഷ്യബന്ധുവിന്റെ ആനന്ദം അക്കാമഹതനായ ശ്രോത്രിയനും ഉണ്ട് അതിനു മുമ്പ് അക്കാമഹതത്വത്തെക്കുറിച്ച് പറഞ്ഞില്ല മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ മനുഷ്യാനന്ദത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ അത് പറഞ്ഞില്ല മുന്നിലോട്ട് വരുന്നവരിലെല്ലാം അക്കാമഹതത്വമുണ്ട് പൂർണ്ണമായിട്ടല്ല ോത്രിയസ്യ അക്കാമഹദിച്ചു പറയുമ്പോൾ അത് തത്വജ്ഞാനിയെക്കുറിച്ച് പറയുകയാണ് ശ്രോത്രിനും അക്കാമഹത്തനും അജ്ഞാനിയിലാണ് ആനന്ദത്തിന്റെ പൂർണ്ണത അതിനൊന്നുമ്പോ എന്തുകൊണ്ടത് പറഞ്ഞില്ല മനുഷ്യവിഷയഭോഗകാമന മ അനഭീതസ് ശ്രോത്രിയസ്യ ഇവിടെ ശ്രോത്രീയസ് അകാമഹത എന്ന് പറയുമ്പോൾ അവിടെ സാധാരണ മനുഷ്യൻ ആഗ്രഹിക്കുന്ന കാമങ്ങൾ കീഴ്പ്പെടാത്തവനാണ് മനുഷ്യനായിരുന്നിട്ടും മനുഷ്യാനന്ദ സദഗുണേനാനന്ദ ഉത്കർഷവും അങ്ങനെന്ത് വരുന്നു മനുഷ്യന്റെ ആനന്ദത്തെ അപേക്ഷിച്ച് നൂറരട്ടി ആനന്ദം അത് മനുഷ്യഗന്ധർവേണ തെറ്റ് മനുഷ്യഗന്ധർവന് തുള്ളി എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുവെച്ചാൽ അത് അവിടെ മുഖ്യമായിരിക്കുന്നത് അകാമഹ തത്വം കാമംകുണ്ടവന്റെ അന്ധകർണം ഹനിക്കപ്പെടുന്നില്ല പക്ഷേ ആദ്യം പറഞ്ഞത് കാമന ഉള്ളവന്റെ ആനന്ദത്തെ കുറിച്ചാണ് പറഞ്ഞത് സാധുവ ആധ്യായക്കി ശ്രോത്രിയത്വ അവ്രജനത്വേ അവിടെയും സാധുവ എന്ന് പറയുമ്പോൾ മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത് കാമനകളുണ്ട് പക്ഷെ ശ്രോത്രിയനാണ് അവ്രജനം പാപമില്ലാത്തവനാണ് പാപം ആനന്ദത്തിന് പ്രതിബന്ധമാണ് പാപമുണ്ടെങ്കിൽ ആനന്ദം അനുഭവിക്കാൻ കഴിയും അപ്പൊ ശ്രോത്രിയനും പാപരഹിതനും ആയാലേ ഒരു പൂർണ്ണമായ മനുഷ്യ ആനന്ദം അനുഭവിക്കാൻ കഴിയും ദേഹി സർവത്ര ഇനി വരുന്നിടത്ത് എല്ലായിടത്തും ആനന്ദത്തെക്കുറിച്ച് പറയുന്നിടത്ത് ദേവന്മാര് ഗന്ധർവന്മാർ പിതൃക്കൾ എല്ലാവരും ഇവിടെ ചേർക്കണം എന്താണ് ശ്രോത്രിയത്വ അവരെല്ലാം ശ്രോത്രിയരാണ് കാരണം വേദാധ്യയനം ചെയ്ത് കർമ്മവും ഉപാസനയും അനുഷ്ഠിച്ച് പാപങ്ങൾ നശിപ്പിച്ചവരാണ് അതുകൊണ്ടാണ് അവർക്ക് ഇത്രയും ആനന്ദത്തെ അനുഭവിക്കാൻ കഴിയുന്നത് അന്നത്തെ ഹി സർവത്ര അക്കാമഹതത്വം ദു വിഷയ ഉത്കർഷ അപകർഷത സുഖ ഉത്കർഷ അപകർഷായ വിശേഷ്യത്തെ അതിന് അകാമഹതത്വം എന്ന് പറയുന്നത് വിഷയങ്ങളുടെ ഉത്കർഷവും അപകർഷവും അനുസരിച്ച് ആദ്യത്തെ യുവാവഴിയെ ബാക്കിയുള്ളവരിൽ അകാമഹതനെന്ന് പറയാൻ കഴിയില്ല ബാക്കിയുള്ളവരെല്ലാം അവരനുഭവിക്കുന്ന വിഷയങ്ങൾക്ക് വ്യത്യാസമുണ്ട് ബ്രഹ്മാവിന്റെ വിഷയമല്ല ഗന്ധർവന്റെ ഗന്ധർവന്റെ വിഷയമല്ല പിതൃക്കളെ അനുഭവിക്കുന്നു അങ്ങനെ വിഷയങ്ങളുടെ ഉത്കർഷോ അപകർഷം ഉയർച്ചയും താഴ്ചയും അതനുസരിച്ച് സുഖ ഉത്കർഷാപകർഷ സുഖത്തിന് ഉത്കർഷം അപകർഷമുണ്ട് വിഷയം ഉത്കർഷമാണെങ്കിൽ സുഖത്തിന്റെ ഉത്കർഷം വിഷയം അപകർഷമാണെങ്കിൽ സുഖത്തിനപകർഷം അതുകൊണ്ട് അവർക്കും അവരെ കുറിച്ചും പറയാം അക്കാമഹതന്മാരാണ് പക്ഷെ അത് പൂർണ്ണതയല്ല അകാമഹതത്വം പൂർണ്ണമായിരിക്കുന്നത് തത്വജ്ഞാനയിലാണ് അകാമഹം തദ്വിശേഷതകർഷ ഉപലബ്ധേനെ അക്കാമഹതത്വസ പരമാനന്ദപ്രാപ്തി സാധനത്വവിധാനാർത്ഥം തദ്വിശേഷത ശതഗുണസുഖ ഉത്കർഷ ഉപലബ്ധേ ഈ അകാമഹതത്വം കൊണ്ട് ഗുണത്തിന്റെ ഉത്കർഷം കാണുന്നുണ്ട് കാമം എത്രമാത്രം ഹനിക്കപ്പെടുന്നുവോ അതനുസരിച്ച് സുഖത്തിന്റെ ഉത്കർഷം കാരണം വേദാധ്യയനവും കർമ്മങ്ങളും ഉപാസനകളും അനുഷ്ഠിക്കുന്നതും അത് വിശേഷ ഉപാസനകളും കൊണ്ട് മറ്റ് ലോകീയമായ കാമനകൾ അവർ നശിച്ചിരിക്കുന്നു അതാണ് അതിൻ്റെ വിശേഷത പറയുന്നത് അല്ലാതെ ദൈവത്വവും മറ്റും പ്രാപിക്കാൻ സാധ്യമ ഈ ലോകത്തിലെ വിഷയങ്ങളെ കാമിച്ചു വേദാധ്യയനം ചെയ്യുന്നതിനോ അതിലൂടെയുള്ള സുഖത്തെ പ്രാപിക്കുന്നതിനോ അതിനുവേണ്ടി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനോ ഒന്നും കഴിയത്തില്ല അപ്പോൾ ലൗകികമായ കാമനകൾ അവരിൽ ആപേക്ഷികമായി കുറവാണ് എന്നാൽ ദൈവത്വപ്രാപ്തി പോലെയുള്ള കാമനകളുണ്ട് തന്നെ സുഖപ്രാപ്തിക്കുള്ള കാമനകളുണ്ട് പക്ഷേ ഈ ലോകസുഖം അവർക്കാവശ്യം അതുകൊണ്ടെന്തു വരുന്നു ഈ ലോകത്തിൽ സുഖം അനുഭവിക്കുന്നവരെക്കാൾ നൂറരട്ടി സുഖം അവർക്ക് അനുഭവിക്കാൻ കഴിയുന്നു അത് ഉയർന്നുവരുന്നു പോകുന്നു ശ്രദ്ധഗുണസുഖലദേഹി അതിൽ നിന്ന് മനസ്സിലാക്കാം അവരുടെ കാമം ഹനിക്കുന്നതിനനുസരിച്ച് സുഖം വർദ്ധിക്കുന്നു ലൗകികമായ കാമനകൾ ഒടുങ്ങുന്നതനുസരിച്ച് അതീന്ദ്രിയമായ അലൗകികമായ ആനന്ദം പ്രാപിക്കുന്നു അതുകൊണ്ട് മനസ്സിലാക്കാം പരമാനന്ദപ്രാപ്തി സാധനത്തും പരമാനന്ദപ്രാപ്തി ഈ കാമനകൾ പൂർണ്ണമായും ഒടുങ്ങുമ്പോഴാണ് ഞാൻ അകാമഹതത്വസ് പരമാനന്ദപ്രാപ്തി സാധനത്തോ വി അപ്പോൾ കാമനകൾ എപ്പോഴാണോ പൂർണ്ണമായും നശിക്കുന്നത് പരമാനന്ദപ്രാപ്തി അതുകൊണ്ട് പരമാനന്ദപ്രാപ്തിക്കുള്ള സാധനമാണ് ഈ അകാമഹതത്വം അതുകൊണ്ടാണ് അതിന് ഓരോ തവണയും ആവർത്തിക്കുന്നത് എന്താണ് ശ്രോത്രിയശ അകാമത സിത ശ്രോത്രിയനായിരിക്കണം അതേസമയം കാമത്താൽ ഹനിക്കപ്പെടാത്തവനുമായിരിക്കണം മറ്റുള്ളവരെല്ലാം ശ്രോത്രിയരാണ് അതുകൊണ്ടാണ് അവർക്ക് കർമ്മ ഉപാസനയും അനുഷ്ഠിക്കാൻ കഴിയുന്നത് പക്ഷേ ശ്രുതിയുടെ പരമ താല്പര്യത്തെ അവർ ഗ്രഹിച്ചില്ല എന്തുകൊണ്ട് കാമനങ്ങൾ ഉള്ളതുകൊണ്ട് ശ്രുതിയുടെ പരമ താല്പര്യത്തെ ഗ്രഹിക്കണമെങ്കിൽ ഈ കാമങ്ങളെല്ലാം ഉണ്ടണം പരമാനന്ദപ്രാപ്തി അവർക്കുണ്ടാകുന്നു അതിവിടെ അകാമഹതത്വമാണ് മുഖ്യസാധന അപ്പോൾ ഈ മനുഷ്യ ശരീരം ലഭിച്ചു മനുഷ്യ ശരീരത്തിലിരുന്നു കൊണ്ട് വലുതായ ആനന്ദത്തെ പ്രാപിക്കണം എന്ന് കരുതുന്നതിൽ കാമനയാണ് അത് തത്വജ്ഞാനത്തിന് തടസ്സമാണ് അതിന് എന്തു ഉപായ സ്വീകരിക്കുന്നു എന്നുള്ളത് വ്യത്യാസമുണ്ട് കർമ്മമോ ഉപാസനകളോ എന്തുപായ സ്വീകരിച്ചാലും ശരി അത് തത്ത്വജ്ഞാനത്തിന് വിരുദ്ധമാണ് ഇവിടെ ദേവന്മാരും മറ്റും ആഗ്രഹിക്കുന്നത് എന്താണ് അലൗകികമായ ആനന്ദമാണ് അത് ഈ ലോകത്തിൽ കിട്ടുന്ന ഭൗതികമായ ആനന്ദമല്ല പക്ഷെ ആനന്ദത്തിന്റെ കാമന പോലും പരമാനന്ദപ്രാപ്തിക്ക് തടസ്സമാണ് സാധാരണ മോക്ഷം ആനന്ദമെന്നെല്ലാം പറയുന്നതോ പറഞ്ഞു പറഞ്ഞു നമ്മൾ അനുഭവിക്കുന്ന ആനന്ദം ആനന്ദത്തിന്റെ സ്മരണ കൊണ്ടാണ് വലിയ ആനന്ദത്തെ ആഗ്രഹിക്കുന്നത് നമ്മൾ പ്രാപിച്ചതിനും വലിയൊരാനന്ദം അതനുഭവിക്കുന്ന ആനന്ദത്തിന് സദൃശമായ ആനന്ദം അതാണ് പ്രതീക്ഷിക്കുന്നത് അതാണ് ദേവന്മാരും മറ്റും പ്രതീക്ഷിച്ചത് വലിയ ആനന്ദം അതിനുള്ള ഉപായങ്ങൾ അനുഷ്ഠിച്ചപ്പോൾ അവർക്കത് പ്രാപിക്കാൻ കഴിഞ്ഞു പക്ഷെ ആ കാമന പോലും ഇവിടെ പരമാനന്ദപ്രാപ്തിക്ക് തടസ്സമാണ് അവിടെ പൂർണ്ണമായ ആ കാമഫം ആയിരിക്കണം അവിടെ മനസ്സ് ഒരു തരത്തിലുള്ള കാമനയ്ക്ക് ഭൗതികമോ ലൗകികമോ ആധ്യാത്മികമോ അലൗകികമോ ആയ ഒരു തരത്തിലുള്ള കാമന ആനന്ദത്തെയും കാമിക്കാൻ പാടില്ല വ്യാഖ്യാതമന്യത് ഇതിനെ സംബന്ധിച്ചുള്ള ബാക്കി കാര്യങ്ങളെല്ലാം വ്യാഖ്യാനിച്ചു കഴിഞ്ഞു തുടർന്നു വരുന്ന ഭാഗങ്ങൾ അക്ഷരം പ്രതി വ്യാഖ്യാനിക്കേണ്ട കാര്യമില്ല മനുഷ്യഗന്ധർവാണാം ആനന്ദ മനുഷ്യഗന്ധർവെന്നതിനെ കുറിച്ച് പറഞ്ഞു മനുഷ്യനായി ജനിച്ച് ഭൂമിയിൽ ജീവിച്ച് പ്രത്യേക കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ഗന്ധർവന്മാരായി ഇനി വേറെ കുട്ടറെക്കുറിച്ച് പറയുന്നു തേയശതം മനുഷ്യഗന്ധർവാണ ഈ മനുഷ്യഗന്ധർവന്മാരുടെ നൂറരട്ടി ആനന്ദം ദേവഗന്ധർവാണാനന്ദ ദേവഗന്ധർമ്മർ എന്ന് പറയുന്നത് എന്താണ് ജന്മന ഇവിടെ മനുഷ്യരായി ജനിച്ച് കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് ഗന്ധർവന്മാരാകുകയല്ല ഒരു പൂർവ പൂർവകൽപ്പത്തിലെ കർമ്മങ്ങളെ കൊണ്ട് ല്പ ആദിയിൽ തന്നെ ഗന്ധർവന്മാരായിരിക്കുന്നവര് തുടക്കം മുതൽ തന്നെ ഗന്ധർവന്മാരാണ് ഇവിടെ മനുഷ്യരായി ജനിക്കേണ്ട ആവശ്യം അല്ലെങ്കിൽ പൂർവ്വകല്പത്തിൽ തന്നെ ഗന്ധർവന്മാരായിരുന്നു ഇപ്പോഴും ഗന്ധർവന്മാരായിരിക്കുന്നു അതുപോലെ ദേവഗന്ധർവന്മാര് ദേവത്വത്തെ ജന്മനാൽ തന്നെ ഗന്ധർവന്മാര് ഇത് മനുഷ്യനായി പിന്നെ ഗന്ധർവനായി വരും ദേവന്മാരെല്ലാം അങ്ങനെ രണ്ടു കൂട്ടരുണ്ട് പുണ്യങ്ങൾ ചെയ്ത് ദേവലോകത്തിലെത്തി ദേവന്മാരാവുന്നവർ വേറെ കൂട്ടർ കൽപ്പാതിയിൽ സൃഷ്ടി ദേവന്മാരായിട്ട് തന്നെ ജനിക്കുന്നവർ അങ്ങനെ ദേവന്മാരായി ജനിച്ചവരാണ് ദേവഗന്ധർവന്മാര് ശ്രോത്രിയസി അകാമഹദിച്ച ആനന്ദവും അക്കാമഹദന സ്രോത്രിനിൽ അടങ്ങിയിരിക്കുന്നു ദേവഗന്ധർവുമാണ് ആനന്ദന്മാരുടെ നൂറരട്ടി ആനന്ദ സേക പിതൃലോകലോകാനം ആനന്ദ ശിരലോകലോകാനാം ഇതി പിതൃണാം വിശേഷണം ചിരലോകലോക എന്ന് പറയുന്നത് പിതൃക്കളുടെ വിശേഷമായി പറഞ്ഞിരിക്കുന്നു ചിരകാലസ്ഥായി ലോകം ചിരലോകസ്ഥായി ആയ ലോകം എന്ന് വെച്ചാൽ വരെ യേശാം പിതൃനാം ചിരലോകലോക കൽപ്പാന്തം വരെ കൽപ്പാതിയിൽ തുടങ്ങി കൽപ്പാന്തം വരെ പിതൃക്കൾ അവരാണ് ചിരലോകലോക പിതൃക്കളും രണ്ട് തരത്തിലുണ്ട് ദേവന്മാര് ഗന്ധർവന്മാര് പിതൃക്കളെല്ലാം രണ്ട് കൂട്ടരാണ് പിതൃക്കൾ ഒന്ന് ഇവിടെ സത്കർമ്മങ്ങളൊക്കെ ചെയ്ത് ഗൃഹസ്ഥ ധർമ്മത്തെ എല്ലാം ശരിയായ രീതിയിൽ അനുഷ്ഠിച്ച് അവിടെ സ്മാർത്തമായ കർമ്മങ്ങൾ എല്ലാം അനുഷ്ഠിച്ച് മരണശേഷം പിതൃലോകത്തെ പ്രാപിക്കുന്നവർ അവരുടെ പുണ്യം തീരുന്നവര് പിതൃലോകത്തിലിരിക്കും വേറൊക്കൂട്ടനുണ്ട് അവര് കല്പാതിയിൽ തുടങ്ങി കൽപ്പാന്ത്യം പോലെ ദേവന്മാരെ പോലെ അവിടെ ഇരിക്കുന്നവര് വേറൊക്കെ ചിര സ്ഥായിന്ന് പറഞ്ഞു അപ്പൊ അവർക്ക് അവരുദ്ദേശിച്ചിട്ടാണ് പിതൃ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് മുഖ്യമായി പിതൃ കർമ്മങ്ങൾ ചെയ്യുന്നത് ഈ പിതൃദേവന്മാരെ ഉദ്ദേശിച്ചിട്ടാണ് മരിച്ചവര് എല്ലാം പിതൃ ലോകത്ത് ഉറപ്പൊന്നുമില്ല അവരുടെ കർമ്മമനുസരിച്ചായിരിക്കും സബ് കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പിതൃലോകത്ത് എത്താനുള്ള കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ പിതൃലോകത്തോ അത് കഴിയുമ്പോൾ അവരുടെ പുണ്യം നശിക്കുമ്പോൾ അവർ മനുഷ്യരായി വരും പിതൃക്കൾ അങ്ങനെയല്ല അവർ സ്ഥിരം അവിടെയാണ് അതുകൊണ്ട് പിതൃകർമ്മം ചെയ്യുന്നത് ഒരിക്കലും വ്യത്ഥമാകത്തില്ല കാരണം ആൾക്കാർ പറയും പിതൃ പിതൃ ചെയ്തു കഴിഞ്ഞാൽ പിതൃക്കൾ അവിടെ ഉറപ്പില്ലല്ലോ അവർ വീണ്ടും തിരിച്ചു വരല്ലേ അവർക്ക് വേറെ ജന്മം കിട്ടിയിരിക്കില്ല അപ്പൊ പിതൃകർമ്മം വിടമാകത്തില്ലേ എന്നൊക്കെ ചോദി അപ്പൊ പിതൃകർമ്മം പിതൃദേവന്മാരെ ഉദ്ദേശിച്ചിട്ടാണ് മുഖ്യമായി മരിച്ചവന്റെ പൂർവികന്മാരാരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അവർക്കും കിട്ടും ഇല്ലെങ്കിലും നഷ്ടം പിതൃദേവന്മാർക്ക് കിട്ടും അതുകൊണ്ട് പുനജന്മം കൊണ്ട് പിതൃകർമ്മത്തിന് ദോഷമൊന്നുമുണ്ട് ഒഞ്ചിൽ നിന്ന് സംഭവിച്ചാലും അവിടെ പിതൃദേവന്മാർ അവിടെ ചിരസ്ഥായിയാണ് കൽപ്പാന്തന്മാരാണ് അതാണ് ചിരലോകലോക അവർക്കാണ് ഈ ആനന്ദം ഇവിടുന്ന് തൽക്കാലം പോയി മുടങ്ങുന്നവർക്ക് അത്ര വലിയ ആനന്ദമൊന്നും കാണത്തില്ല പിതൃക്കളുടെ ആനന്ദത്തെ കുറിച്ചാണ് പറയുന്നത് അതാണ് ചിരലോകലോകാന അവർക്ക് നൂറരട്ടി അത് ഒരു ആരായലോകർത്ഥകർമ്മവിശേഷതോ ദാനാ ഇത്തരകളെ പോലെ ഇതൊക്കെ രണ്ട് കൂട്ടരുണ്ടല്ലോ ഒരു കൂട്ടർ അവിടെ സ്ഥിരവാസികളും വേറൊരു കൂട്ടർ അവിടെ എത്തിച്ചേരുന്നവർ ദേവന്മാരും അങ്ങനെയാണ് സ്മാർത്ത കർമ്മങ്ങളും മറ്റും അനുഷ്ഠിക്കുന്നവർ അനുഷ്ഠിക്കുന്നവർക്കും ദേവലോകത്തിലല്ല ദേവലോകത്തിൽ എന്ന് കഴിഞ്ഞാൽ അവരെ എന്തു പറയും ആചാര ജന്മാർ എന്ന് പറയും ആ ജാനും ദേവലോകം തത്ര ജാഥ എന്നിട്ട് ഈ കൽപ്പത്തിൽ ജനിച്ചവർ സൃഷ്ടിയോടൊപ്പം വന്നവരല്ല ആജാന കൽപ്പം എന്ന് പറയുന്നത് യുഗങ്ങൾ കൂടി ചേർന്നതാണ് കൽപ്പം വളരെ ദീർഘമായ കാലമാണ് ആ കാലഘട്ടത്തിൽ മനുഷ്യർ കർമ്മങ്ങൾ ചെയ്യുന്ന പലരും പുണ്യം കൊണ്ട് ദേവലോകത്ത് പോകുന്നു ക്ഷീണേ പുണ്യം ഭർത്തികലോകം വിശന്ധി തിരിച്ച് മനുഷ്യ ലോകത്തിൽ വരുന്നു അങ്ങനെ അല്ലാത്തവരുണ്ട് ഇവിടെയിരുന്നു ഇന്ദ്രപദവിക്ക് വേണ്ടിയിട്ട് അനേകയാഗങ്ങളും മറ്റും അനുഷ്ഠിച്ചു ശ്രോതയാഗങ്ങൾ അനേക സത്കർമ്മങ്ങൾ ചെയ്തു ഇന്ദ്രത്വ പദവി കിട്ടി പക്ഷേ അവിടെ ഇപ്പോൾ ഒരു ഇന്ദ്രനുണ്ട് അതുകൊണ്ട് അവളിപ്പോയി ഇന്ധനാകാൻ പറ്റത്തില്ല സീനിയോറിറ്റി അനുസരിച്ച് കിട്ടു അപ്പോൾ അടുത്ത കൽക്കം വരെ അതിനുവേണ്ടി പ്രതീക്ഷിക്കേണ്ടി വരും അത് വേറെ കൂട്ടർ കൽപ്പാതിയിൽ തന്നെ അങ്ങനെ ഇരിക്കുന്നത് ഇവിടെ പറയുന്നതല്ല ആചാനാഹ ദേഹ സ്മാർത്തക്രമവിശേഷത ദേവസ്ഥാനേഷ ആനന്ദം ആജാനജന്മാരായ ദേവന്മാരുടെ ആനന്ദം ശ്രോത്രിയസി അമഹത അത് ശ്രോത്രിയ അക്കാമഹതനായ ശ്രോത്രിയന് അതുണ്ട് ശതം ആജാനജാദേവനം ആനന്ദ ആജാനജന്മാരായ ദേവന്മാർ അവരുടെ നൂറിരട്ടി ആനന്ദം അവരുടെ ആനന്ദത്തിന്റെ നൂറിരട്ടി ആനന്ദം കർമ്മദേവാനാം ദേവാനാം ആനന്ദ അത് ഒരു കർമ്മദേവന്മാരുടെ ഒരു ഒന്നിനു തുല്യമാണ് ഒരു ആനന്ദമാണ് കർമ്മദേവന്മാരാണ് ഈ കർമ്മണ ദേവാൻ അഭിയന്തി കർമ്മദേവായി വൈദികേന കർമ്മ അഗ്നിഹോത്രാധിന കേവലേന ദേവൻ അഭിയന്തി അഗ്നിഹോത്രാദി വൈദികമായ കർമ്മങ്ങൾ കൊണ്ട് ദേവത്വത്തെ പ്രാപിച്ചു അവര് കല്പാദിയിൽ തന്നെ അവിടെ സൃഷ്ടി തന്നെ അവര് ദേവന്മാരായി ജനിക്കുന്നു അതാണ് ഈ വൈദികേന കർമ്മ അഗ്നിഹോത്രാധീന കേവലേന സ്മാർത്ഥകർമ്മം കൊണ്ടല്ല ി അങ്ങനെയുള്ളവർ അവരാണ് മുഖ്യദേവന്മാരി ഇന്ദ്രനും മറ്റ് ഇവിടെ പറയുന്നത് എന്താണ് ത്രേത്രംശ മുപ്പത്തിമൂന്ന് പേരാണ് കറക്റ്റായിട്ട് അതിൻ്റെ സെൻസസ് അനുസരിച്ച് കറക്റ്റ് മുപ്പത്തിമൂന്ന് പേരാണ് ആരൊക്കെയാണ് അഷ്ടവസഹ അഷ്ടവസുക്കൾ ഏകാദശരുദ്ര ഏകാദശരുദ്രന്മാരും ദ്വാദശ ആദിത്യാഹ ദ്വാദശ ആദിത്യന്മാർ ഇന്ദ്രൻ പ്രജാപതി അവര് മുപ്പത്തിമൂന്ന് കോടി എന്ന് പറയുന്നതോ ദേവന്മാർ അത് ഇവിടുന്ന് പോകുന്നവർ ഇവിടെയുണ്ടല്ലോ മുപ്പത്തിമുക്കോടി ഇതിൽ നിന്ന് അങ്ങോട്ട് ചെല്ലുന്നവരാണ് ബാക്കിയുള്ള ദേവന്മാർ ഇപ്പൊ മെയിൻ ദേവന്മാരിത്രേ ഉള്ളൂ ഇവരെ കുറിച്ച് കൊടുക്കുന്ന കർമ്മദേവന്മാർ അപ്പം ഇവിടുന്ന് പോകുന്നവർക്ക് കിട്ടുന്ന ആനന്ദം മനുഷ്യാനന്ദത്തെക്കാളും എത്രയോ വലുതാണ് ദേവൻ ഗന്ധർവന്മാരെക്കാളും എല്ലാം വലുതാണെങ്കിലും ഈ കർമ്മദേവന്മാരുടെ ആനന്ദം അവർക്കില്ല ത്രേ ക് പറയുന്നു ഹവിർഭുജ് ഇവരാണ് ഹവിർഭുക്കുകൾ ഇവിടെ ദേവന്മാരെ ഉദ്ദേശിച്ച് ഹവിസ് അർപ്പിക്കുമ്പോൾ രാഗത്തിൽ ആ ഹവിസിനെ സ്വീകരിക്കാൻ ഇവർക്ക് അവകാശമുണ്ട് ബാക്കിയുള്ള ദേവന്മാരോ കർമ്മദേവന്മാർ അവരവരുടെ കർമ്മത്തിന്റെ ഫലമായ പുണ്യം കൊണ്ടുള്ള സുഖത്തെ അനുഭവിക്കാനും പറ്റും അതാണ് നമ്മുടെ ദേവന്മാർക്കും പല തട്ടമുണ്ടെന്ന് പറയുന്നു എല്ലാവരും ഒരുപോലെയല്ല ഈ ലോകങ്ങളിലെല്ലാം പല തലങ്ങളുണ്ട് പല ഇതുണ്ട് ഇന്ദ്രനും മറ്റു ആണെന്നാണ് ഇന്ദ്രനെയും മറ്റും ഉദ്ദേശിച്ച് അഭിസർപ്പിക്കുന്നത് ഇന്ദ്രഹത്യേഷ സ്വാമി ഈ ത്രയത്രംശത്ത് മുപ്പത്തിമൂന്ന് ദേവന്മാരിൽ ഇന്ദ്രനാണ് അവരുടെ നേതാവ് ഇന്ദ്രൻ ഉണ്ടോ ശ്രോത്രിയ കാമഹദം ദേവാനാ ഈ ദേവന്മാരുടെ ആനന്ദം നൂറാനന്ദം ഇന്ദ്രസ്യാനന്ദ അതാണ് ഒരു ഇന്ദ്രന്റെ ആനന്ദം കർമ്മദേവന്മാര് അതിൽ അപ്പുറമുള്ള ദേവന്മാര് അതിൽ ഇന്ദ്രൻ ആ ഇന്ദ്രപദവി എന്ന് പറയുന്നത് സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ കിട്ടിയതാ ചതക്രതും നൂറ് യാഗവും മറ്റും ചെയ്തത് അതുകൊണ്ടാണ് അങ്ങനെ ആദ്യം തന്നെ അത് കിട്ടുന്നത് അവിടെ ആനന്ദം കൂടുതലാണ് തന്റെ കർമ്മം ചെയ്ത പുണ്യം കൊണ്ടുള്ള ആനന്ദം പിന്നെ ഈ ഹവിസെല്ലാം സ്വീകരിക്കുന്ന ആനന്ദം അങ്ങനെ അതും ശ്രോത്രിയസി ചാത്താ മഹതസ് ൂറ് ഇന്ദ്രന്മാരുടെ ആനന്ദം ആനന്ദ അതാണ് ബൃഹസ്പതിയുടെ ആനന്ദ എന്താ ബൃഹസ്പതിയും അവിടെയുള്ള ദേവൻ തന്നെ പക്ഷെ എന്താ പ്രത്യേകത ആചാര്യ ബൃഹസ്പതി ഇന്ദ്രന്റെ ആചാര്യാണ് ബൃഹസ്പതി വാദന കുറച്ചുകൂടി മഹത്വമുണ്ട് കൂടുതൽ ആനന്ദം അനുഭവിക്കുന്ന ആളാണ് ഉയർന്ന സ്ഥാനമാണ് അതും ശ്രോത്രീയ സി ചാക്കാമഹതം ബൃഹസ്പതിയില ബൃഹസ്പതിയുടെ ആനന്ദത്തിന് നൂറരട്ടി ആനന്ദം സജാപതിയിലാനന്ദ അതാണ് പ്രജാപതിയിലാനന്ദം अंद प्रजापति प्रजापति विराट मूं लोकवीर स्थित प्रजापति विराटन बृहस्पति नूर आनंदम श्रोत्री का श्रोतन स्थित तेम प्रजापतिर आनंद ജാപതിയുടെ നൂറട്ടിയാനം അതോ ബ്രഹ്മ അത് ബ്രഹ്മാവിന്റെ ആനന്ദമാണ് ഒരു ബ്രഹ്മാവിന്റെ ആനന്ദ അതും ശ്രോത്രയസ് ചക്കാമഹത പരമാവധി മനുഷ്യന് കർമ്മങ്ങളും ഉപാസനയും ചെയ്ത് പ്രാപിക്കാവുന്ന സ്ഥാനം ബ്രഹ്മപദവിയാണ് ബ്രഹ്മാവിന്റെ പദവി ബ്രഹ്മ സമഷ്ടി വൃഷ്ടിരൂപ സംസാരമണ്ഡലവ്യാപി സമഷ്ടി വൃഷ്ടിരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന സംസാരമണ്ഡലത്തിൽ വ്യാപിച്ചിരിക്കുന്നവൻ ബ്രഹ്മൻ അല്ല ബ്രഹ്മ ബ്രഹ്മ എന്ന് പറയുന്ന പുല്ലിംഗമാണ് ബ്രഹ്മയിൽ ആനന്ദ്രഹ്മണ് ശ്രോത്രിയസി ചാമഗതാം തന്നിമിത്ത ആ ബ്രഹ്മാവിനെ കുറിച്ച് പറയുന്നു എങ്ങനെയാണ് ബ്രഹ്മാവ് ഏതൊരു ബ്രഹ്മാവിനാണോ ഏത് ആനന്ദഭേദാക ഏകതാം ഗതി ഈ പറഞ്ഞ ആനന്ദങ്ങളെല്ലാം ഏകീഭവിക്കുന്നത് നിമിത്തമായ ആനന്ദത്തിന് നിമിത്തമായ ധർമ്മം എവിടെയാണോ ഏകീഭവിച്ചിരിക്കുന്നത് എല്ലാം ധർമ്മമുണ്ട് പുണ്യമുണ്ട് പക്ഷെ ഇത്രയും വലിയ ആനന്ദം അനുഭവിക്കുന്നതിന് ഹേതുവായ ധർമ്മം എവിടെയാണോ ഏകീഭവിച്ചിരിക്കുന്നത് ബ്രഹ്മാവിനെ കുറിച്ച് പറയുകയാണ് ആ ധർമ്മത്തെ കുറിച്ചുള്ള ജ്ഞാനം എവിടെയാണോ ഏകീഭവിച്ചിരിക്കുന്നത് അകാമഹതത്വം ച നിരദിശയും മറ്റ് ഓരോരുത്തരും അപേക്ഷിച്ച് നിരദിശയുമായ അകാമഹതത്വം ലൗകികമായ ഒരു കാമനകൾ ശേഷിക്കുന്നു ഈ ബ്രഹ്മാവിന് കല്പാന്തത്തിൽ മുക്തിയാണ് കൽപ്പാന്തം വരെ അങ്ങനെ ഒരു സ്ഥാനത്തിരിക്കും കൽപ്പാന്തത്തിൽ മുക്തിയാണ് അതുകൊണ്ട് അകാമഹതനാണ് ആ ഒരു കാമുണ്ടായിരുന്നു ബ്രഹ്മപദവിയെ പ്രാപിക്കുന്നതെന്ന് അതൊഴിച്ചാൽ പിന്നെ വേറെ കാമനങ്ങളൊന്നുമില്ല സ്വാഭാധികമായ മുക്തി ഉള്ള ആളാണ് പൂർണ്ണമുക്തി പ്രാപിച്ചിട്ടില്ല സേശ ഹിരണ്യഗർഭോ ബ്രഹ്മ അതിന് ഹിരണ്യഗർഭൻ എന്ന് പറയുന്നത് ബ്രഹ്മ എന്ന് പറയുന്നു ശേഷാനന്ദ ഈ ബ്രഹ്മാവിന്റെ ആനന്ദം ഇത്രയും ഉയർന്ന സ്ഥാനത്തെത്തിയ ബ്രഹ്മാവിന്റെ ആനന്ദ ആ ആനന്ദം എന്ന് പറയുന്ന എത്ര ആയിരം ഇരട്ടിയായി നൂറിരട്ടി നൂറിരട്ടി എന്ന് പറഞ്ഞു മനുഷ്യന്റെ ആനന്ദ കമിഷ്യവും എത്രയോ വലുതായി അത് ശ്രോത്രിയേണ അംബ്രിജന് അകാമഹ സർവത പ്രത്യക്ഷഭ്യത ആനന്ദം എന്താണ് ശ്രോത്രിയൻ തത്വജ്ഞാനി അവ്രജനൻ പാപരഹിതൻ അക്കാമഹതൻ കാമത്തിന്റെ ലേശം പോലും ഇല്ല ബ്രഹ്മപദവിയിലെത്തിച്ചേർന്ന് ആ ആനന്ദത്തെ അനുഭവിക്കണമെന്നുള്ള കാമനെയുമില്ല അങ്ങനെയുള്ള ഒരുവന് സർവത പ്രത്യക്ഷം ഉപലഭ്യത അവനത് സർവത സർവപ്രകാരത്തിനും പ്രകാരത്തിൽ നിന്നും എന്താണ് നിരുപാധികമായി ബ്രഹ്മാവിനും വലിയ ആനന്ദമുണ്ട് പക്ഷേ അതിന് ഉപാധിയുള്ള ബ്രഹ്മസ്ഥാനം വേണം പ്രത്യക്ഷ ഉപലഭ്യത ബ്രഹ്മപദവിയെ പ്രാപിച്ചത് ഉപാസന കൊണ്ടാണ് ഹിരണ്യഗർഭ ഉപാസന പോലുള്ള ഉപാസന വൈദിക ഉപാസന അനുഷ്ഠിക്കുന്ന ആൾക്കെവിടെ എത്താൻ പറ്റും ഇവിടെ ഇരുന്ന് സത്കർമ്മങ്ങളൊന്നും ചെയ്തുകൊണ്ടൊന്നും വാങ്ങില്ല തസ്മദേദാനുത്രേണി സാധനാനിത്യോഗം പക്ഷെ തത്വജ്ഞൻ എന്റെ ആനന്ദം അത് അവനു ഈ ബ്രഹ്മാവിന്റെ ആനന്ദവുമായിട്ട് പോലും താരതമ്യം ചെയ്യാൻ പയ്യ എന്തുകൊണ്ട് അവൻ ശ്രോത്രിയനാണ് അംബ്രജനനാണ് അക്കാമഹതനാണ് അപ്പോ ഏതൊരു പേരിലാണോ ഇത് മൂന്നുണ്ടത് ശ്രോത്രിയത്വം അംബ്രജനത്വം അക്കാമഹതത്വം വേദാധ്യയനം പ്രധാനമാണ് വേദ താൽപര്യത്തെ ഗ്രഹിച്ചിരിക്കുന്നു അനേക സത്കർമ്മങ്ങളിലൂടെ അവന് അവന്റെ പാപങ്ങളെല്ലാം നശിച്ചിരിക്കുന്ന വ്രജനം വ്രജനം പാപം അതില്ല ഇനി ബ്രഹ്മപദവി പോലും അവൻ ആഗ്രഹമില്ല അതല്ല കാമഹതന ഒരു തരത്തിലുള്ള കാമിനി അവനെ സംബന്ധിച്ചിടത്തോളം എന്താണ് സർവതാ പ്രത്യക്ഷം അവന് സാക്ഷാത് അപരോക്ഷമായിരിക്കുന്നു ം അതുകൊണ്ട് തസ്മാനിത്രീ സാധനീത്യ അവഗമ്യത അതുകൊണ്ട് ഇത് മൂന്ന് ഇവിടെ ബൃഹദാരണ്യത്തിൽ പറഞ്ഞ അഭ്രജനത്വം ഇവിടെ പറയുന്ന ശ്രോത്രിയത്വം അകാമഹതത്വം ഇതെല്ലാം എന്താണ് സാധനയാണ് എന്തിനീ പരമാനന്ദ പ്രാപ്തിക്കുക അവിടെ തത്ര ശ്രോത്രിയ അഭ്രജനത്വ നീട്ടേ ശ്രോത്രിയത്വം അഭ്രജനത്വം ഇതെല്ലാവർക്കും വേണം വേദ അധ്യയനം ചെയ്താലേ കർമ്മ ഉപാസന അനുഷ്ഠിക്കാൻ പറ്റും തുടങ്ങി ബ്രഹ്മാവ് വരെയുള്ള എല്ലാവർക്കും വേദജ്ഞാനം വേണം അഭ്രജനത്വം പാപ രാഹിത്വം വേണം പാപമുണ്ടെങ്കിൽ ഇതൊന്നും കിട്ടത്തില്ല മൃഗ ജന്മത്തിൽ പോവും ഇത് രണ്ടും നിയതമാണ് ഈ പറഞ്ഞ എല്ലാവർക്കും തുല്യമാണ് പക്ഷേ അകാമഹതത്വം ഉത്കൃഷ്യത്തെ അതിൽ തത്വജ്ഞാനിയുടെ സവിശേഷത എന്താണ് അകാമഹതത്വം അവന് പൂർണമായും കാമിനെ നശിച്ചിരിക്കുന്നു ബ്രഹ്മപദവികളുള്ള കാമനെയും അവനല്ല ഇത് പ്രകൃഷ്ടസാധനതാകം ഇത് അതുകൊണ്ട് അകാമഹതത്വമാണ് ഇതിന് മുഖ്യമായ സാധന എന്നുള്ളത് മനസ്സിലാക്കണം ഇപ്പൊ കാമനെയാണ് തടസ്സമായിരിക്കുന്നത് അക്കാമഹതനായാലോ അവന് ഈ പറയുന്ന ആനന്ദത്തെക്കാൾ ശ്രേഷ്ഠമായ നിജാനന്ദം ോത്രീപ്രത്യക്ഷോ ബ്രഹ്മണ ആനന്ദോ എസ് പരമാനന്ദനന്ദ അനിയ ഭൂത മാത്രം ശ്രുത്യന്ത തയമ തകർഷ്യന ആ കാമഹതത്തിന്റെ കാമനാശൂന്യതയുടെ ആധിക്യം കൊണ്ട് ഈ അനുഭവിക്കുന്ന ആനന്ദം ഓരോരുത്തരും ഓരോ ഓരോ കൂട്ടരും അത് ശ്രോത്രി പ്രത്യക്ഷവും ബ്രഹ്മണ ആനന്ദവും ശ്രോത്രി പ്രത്യക്ഷമായിരിക്കുന്ന ആ ബ്രഹ്മാവിന്റെ ആനന്ദം അത് യെസ് പരമാനന്ദ സി മാത്ര അത് ആ പരമാത്മാ സ്വരൂപമായ ആനന്ദത്തിന്റെ ഒരു ഏകദേശം മാത്രമാണ് ഒരംശം മാത്രമാണ് എന്തുകൊണ്ട് ഏകശേവാനന്ദ അന്യാനി ഭൂതാനി മാത്രം ജീവന്തി ഈ ആനന്ദത്തിന്റെ ഒരു അംശത്തെയാണ് മറ്റ് പ്രാണികളെല്ലാം സ്വീകരിക്കുന്നത് ഇവിടെ മനുഷ്യരായാലും മറ്റ് ജീവികളായാലും ദേവനോ ഗന്ധർവനോ പിതൃക്കളോ ആരായാലും ആ പരമാനന്ദത്തിന്റെ മാത്ര ഒരംശം അതിന് മാത്രമേ അവരനുഭവിക്കുന്നുള്ളൂ തത്വാനി ഒഴികെ ഇത് ശ്രദ്ധിക്കുന്നു സേഷ ആനന്ദോ യസ്യം മാത്ര സമുദ്രാംബസേവ വിപ്രുഷ പ്രവിഭക്ത യത്രേകതാംഗത സേഷ പരമാനന്ദ അദ്വൈതത്വ സേഷാനന്ദോ യസ മാത്ര സമുദ്രംഭസയോ ഇപ്രഷ പ്രക്ത എത്രേകതാംഗത സമുദ്രത്തിലെ ജലത്തുള്ളികളെപ്പോലെ സമുദ്രത്തിലെ ജലത്തുള്ളികൾ അത് എണ്ണിയാൽ ഒടുങ്ങാത്താണ് അതാണ് മഴയായി ഭൂമിയിലേക്ക് വരുന്നു രവിഭക്ത നാനാരൂപത്തിലിരിക്കുന്നു നാനാ ജലാശയങ്ങളിൽ നാനാരൂപത്തിലുള്ള ജലമായിരിക്കുന്നു അതെന്താണ് യേശ് ആനന്ദോ യസ് മാത്ര ഈ ബ്രഹ്മാവ് പോരെ അനുഭവിക്കുന്ന ഈ ഏതൊരു പരമാത്മാവിന്റെ അംശം പോലെയാണോ സ യേശ പരമാനന്ദ ആ പരമാനന്ദം ആത്മസ്വരൂപമായിരിക്കുന്ന പരമാനന്ദം അതെന്താണ് സ്വാഭാവികമാണ് അവിടെയാണ് ശ്രദ്ധിക്കുന്നത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ അതൊരു വലിയ ആനന്ദമാണെന്ന് പറയും ബ്രഹ്മാവിന്റെ ആനന്ദത്തെക്കാളും വലിയ ആനന്ദമാണ് ആനന്ദത്തിന്റെ അംശങ്ങളാണ് ബ്രഹ്മാവ് വരെ അനുഭവിക്കുന്നത് പക്ഷെ എന്നാലും ആനന്ദം എന്താണ് അത് സ്വാഭാവികമാണോ അദ്വൈതത്വ ഇവിടെ ഏകമായ വന്നേ ഉള്ളൂ ആത്മാവ് അതിന്റെ ആനന്ദം അങ്ങനെ രണ്ടില്ല എന്നർത്ഥം നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ആനന്ദമുണ്ടല്ലോ അങ്ങനെ ഒരു ആനന്ദമില്ല ആനന്ദമുണ്ട് ബ്രഹ്മാവിനൂരെ ഉണ്ട് ആനന്ദം അതല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നവരാനന്ദ ആനന്ദം ലഭിക്കാത്തതുകൊണ്ടാണ് നമ്മൾ ദുഃഖിതരാകുന്നത് നിരാശപ്പെടുന്നത് ആത്മാവ് ആനന്ദമാണെന്ന് പറഞ്ഞു ഞാൻ പരിശ്രമിച്ചിട്ട് ആനന്ദം എനിക്ക് കിട്ടുന്നില്ല എന്ന് പറയും നിരാശപ്പെടുന്ന ആനന്ദം ഉണ്ടെന്ന് നമ്മുടെ പ്രതീക്ഷയിലുള്ള ആനന്ദമാണ് അത് ഒരിക്കലും കിട്ടുന്നതല്ല നമ്മുടെ പ്രതീക്ഷ മാത്രം നിൽക്കുന്നെങ്ങനെ നമുക്ക് കിട്ടും അത് രജിസർപ്പം പോലെ ആനന്ദം ഇതെന്താണ് പരമാനന്ദ സ്വാഭാവികവും പറയും അതല്ല ക്ക് സമാധിയുടെ അനുഭവം ഇല്ലാത്തതുകൊണ്ടാണ് ഈ പറയുന്നത് അല്ലെങ്കിൽ ശങ്കരാചേതർക്കില്ലാത്തതുകൊണ്ടാണ് അവിടെ ഒരു ആനന്ദമുണ്ട് അതാണ് പ്രാപിക്കേണ്ടത് അവിടുത്തെ ആനന്ദം എങ്ങനെ പ്രാപിക്കും ഈ മനുഷ്യ ശരീരത്തിരുന്നുണ്ട് ഈ മനുഷ്യ ശരീരത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ആനന്ദമാണ് മാനുഷനാനന്ദം ഏകം ആദ്യം തുടങ്ങിയ അവിടെയാണ് അത് പരമാർത്ഥമായ ആനന്ദമല്ല കാരണം അതിനേക്കാൾ വലിയ ആനന്ദം വേറെ ഉണ്ട് ഇവിടെ ആ എന്താണ് സംവിധത്തിലെ കുമളകകളെ പോലെ എന്നാ പറഞ്ഞത് പരമാനന്ദം ഏതാണോ അത് സ്വാഭാവികം എന്ന് പറഞ്ഞാൽ എന്താണ് അദ്വൈതത്വം അദ്വൈതമാണ് ഏകമാണത് അവിടെ ആനന്ദ ആനന്ദനുസ് അവിഭാഗവും അത്ര അവിടെ ആനന്ദം ആനന്ദി എന്നുള്ള ഭേദമില്ല ആനന്ദവും ആനന്ദിയും ആനന്ദവും ആനന്ദം അനുഭവിക്കുന്നു എന്നുള്ള ഭേദമില്ല ആ വിഭാഗവും അത്ര അങ്ങനെ ഒരു ഭേദമില്ല അതുകൊണ്ടാണ് പറയുന്നത് ആനന്ദത്തിന്റെ അനുഭവം നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിൽ സംഭവിക്കത്തില്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിൽ ആനന്ദത്തിന്റെ അനുഭവം ഉണ്ടാവണമെങ്കിൽ അവിടെ ആനന്ദവും ആനന്ദം അനുഭവിക്കുന്നവരൊന്ന് രണ്ട് വേണം ദ്വൈതം വേണം ദ്വൈതത്തിലേ സംഭവിക്കുക അദ്വൈതം സ്വയം ആനന്ദസ്വരൂപമാണ് അവിടെ ആനന്ദവും ആനന്ദിയെന്ന് പറയുന്ന ഭേദമില്ല അതാണ് ആനന്ദാനന്ദനോ അവിഭാഗുവാത്ര അപ്പൊ ചോദിക്കുന്നുണ്ട് ഈ ആനന്ദം പ്രത്യക്ഷമാണെന്ന് പറഞ്ഞാൽ തൊട്ട് മുമ്പ് ശ്രോത്രിയേന അഭ്രജനേന അകാമഹതേന സർവതഹ പ്രത്യക്ഷ ഉലബ്യത സ്വാമിയും പറയുന്നുണ്ട് സമാധിന് എനിക്ക് വലിയ സുഖമാണ് ഞാനവിടെ വലിയ ആനന്ദത്തെ അനുഭവിക്കുന്നു എന്ന് പറയുന്നുണ്ട് ചിലപ്പോൾ സ്വാമി അഭിനയിക്കാറുമുണ്ട് ആനന്ദം ഇങ്ങനെ വഴിഞ്ഞൊഴുകുന്നതായിട്ട് പിന്നെ എങ്ങനെയാ രണ്ടും കൂടെ ശരിയാകുന്നു പ്രത്യക്ഷിത്വ വിവധാനാഭാവ അഭിപ്രായം ഇതിനെ സംബന്ധിച്ചുള്ള തന്റെ സ്വരൂപത്തെ സംബന്ധിച്ച് തന്റെ സ്വരൂപമായ ആനന്ദത്തെക്കുറിച്ച് ബ്രഹ്മാനന്ദം എന്ന് പറയുന്ന ഈ സംഭവത്തെക്കുറിച്ചുള്ള അജ്ഞാന സംശയങ്ങളുടെ വ്യവധാനമില്ലാതിരിക്കുക അതാണ് പ്രത്യക്ഷം എന്ന് പറയുന്നത് ഇതിനെ സംബന്ധിച്ച് അജ്ഞാന സംശയാദി അജ്ഞാനം സംശയം കൽപ്പനകൾ ഭാവനകൾ ഇതൊക്കെ അജ്ഞാനത്തെ തുടർന്ന് വരുന്ന കാര്യങ്ങൾ ഇതിന്റെ വ്യവധാനം മറയില്ലാതിരിക്കും ഇതൊക്കെയാണ് സ്വസ്വരൂപത്തിനും മറ സൃഷ്ടിച്ചിരിക്കുന്നു അജ്ഞാനവും പറ്റും ആ മറ ഇല്ലെന്നേനർത്ഥമു മറിച്ച് നമ്മൾ ധരിക്കുന്നതിൽ നതു വിഷയവിഷയി ഭാവാഭിപ്രായം അവിടെ വിഷയവിഷയിഭാവം എങ്ങനെ ഞാനിത് ആ അനുഭവിക്കുന്നു എന്നിതാ വലിയൊരു ജ്ഞാനം പൊങ്ങി വരുന്നു ഇതാണ് വിഷയവിഷയീ ഭാവം അതില്ല എന്നിവിടെ വ്യക്തമായും പറഞ്ഞിരിക്കുകയാണ് ഇതാണ് ഞാൻ ആദ്യമേ പറയുന്നു രണ്ടു കൈയും തലയിൽ കൈ വെച്ചുകൊണ്ട് പറയുന്നു ഇതാണ് അദ്വൈതമെന്ന് പറയുന്നത് അദ്വൈതത്തിൽ ആനന്ദത്തെ നിഷേധിക്കുകയല്ല ആനന്ദത്തെ ഇവിടെ വർണ്ണിച്ച് പോകും ബ്രഹ്മാവിന്റെ ആനന്ദം വരെയുള്ള ആനന്ദം നമുക്ക് സങ്കല്പിക്കാൻ കൂടി വയ്യ ഇവിടെ പറയുന്ന മനുഷ്യ ആനന്ദത്തിന്റെ പരമാവധി തന്നെ കിട്ടിക്കഴിഞ്ഞാൽ വട്ടുപിടിച്ചു പിന്നെ ബ്രഹ്മാനന്ദത്തിന്റെ കാര്യം പറഞ്ഞാലോ ആള് ഫ്യൂസ് ആയി പോവും അപ്പം അങ്ങനെയുള്ള ആനന്ദങ്ങളൊന്നും ഇല്ലെന്നല്ല പറയുന്നു ആനന്ദമുണ്ട് നമുക്ക് നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്തത്ര ആനന്ദമുണ്ട് പക്ഷെ ഇവിടെ പറയുന്ന സ്വാഭാവികമായ ആനന്ദം അദ്വൈത ആകുന്ന ആനന്ദം തത്വജ്ഞാനിയുടെ ആനന്ദം എന്ന് പറയുന്നത് എന്താണോ അവിടെ നതുവിഷയവിഷയീഭാവം ഷയിഭാവം ഇല്ല അങ്ങനെ ഒരു ആനന്ദത്തെ നമ്മുടെ മനസ്സിൽ സങ്കല്പത്തിൽ കണ്ടിട്ട് ഒരു വലിയ ആനന്ദം നമുക്ക് എത്ര വലിയ ആനന്ദമാണ് സങ്കല്പത്തെ കാണാൻ കഴിയുന്നത് ഇവിടെ പറയുന്ന ആനന്ദത്തെ ഒക്കെ വളരെ തുച്ഛമായ ആനന്ദത്തെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റും അങ്ങേക്കം പഞ്ചസാരയുടെ ആനന്ദം മതികൊഞ്ഞന്റെ ആനന്ദമാണ് സങ്കല്പിക്കാൻ പറ്റുന്നത് അതെത്രയോ നിസ്സാരമാണ് അപ്പം ആ അനുഭവം ആ സ്മരണയിൽ നിന്നുകൊണ്ട് ബ്രഹ്മാനന്ദം എന്ന് പറയുന്നൊരു വലിയ ആനന്ദം ഭാവന ചെയ്തിട്ട് അതാണ് പ്രാപിക്കേണ്ടത് എന്ന് കരുതുക അത് ശരിയല്ലെന്നാ പറയുന്നത് അത് അബദ്ധമാണ് അദ്വൈതത്തെ സംബന്ധിച്ച് ഇവിടെ ഭാഷകാരൻ വ്യാഖ്യാനിക്കുന്നതനുസരിച്ച് അല്ലെങ്കിൽ ശ്രുതിയുടെ മുഖ്യ താല്പര്യം എന്നുള്ളതിലേക്ക് അങ്ങനെയുള്ള ആനന്ദത്തെ പ്രാപിക്കുകയല്ല ഇനി ആനന്ദത്തെ പ്രാപിക്കാം അത് ശ്രുതി തന്നെ പറയും അതിവിടെ പറഞ്ഞ് മനുഷ്യജന്മത്തിലിരുന്ന ആനന്ദവും ഇനി അതിനും വലിയ ആനന്ദം വേണമെങ്കിൽ ദേവനൊക്കെ ആകുക അതിനു വേണ്ടിയിട്ട് സ്വാമിയായിട്ട് കാര്യമില്ല എന്നാണ് പറയുന്നത് അങ്ങനെ വലിയ ആനന്ദത്തെ പ്രാപിക്കണമെങ്കിൽ ഇതൊക്കെ കളഞ്ഞിട്ട് പോയി വേദം പഠിച്ച് കർമ്മങ്ങളും ഉപാസനങ്ങളും അനുഷ്ഠിക്കുക ഈ ജന്മത്തിനും സാധിച്ചില്ലെങ്കിലും മരണശേഷം സാധിക്കാം വലിയ ആനന്ദം കിട്ടും എന്ന് വെച്ചാൽ നമ്മൾക്ക് പരിചയമുള്ള ആനന്ദത്തിനോട് താരതമ്യപ്പെടുത്തി നമുക്ക് മനസ്സിലാക്കാവുന്ന വലിയ ആനന്ദം അദ്വൈത വിചാരത്തിൽ തത്വജ്ഞാനത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല നമ്മൾ ഈ സ്വപ്നം കാണുന്നൊന്നും സങ്കല്പിക്കത്തില്ല അവിടെ എന്താണ് അജ്ഞാന സംശയാദി വ്യവധാനാഭാവം ഇത്രയും സംഭവിക്കുന്നു അവിദ്വാനും തമ്മിൽ എന്താ വ്യത്യാസം അവിദ്വാന് ഈ വിഷയത്തെ സംബന്ധിച്ച് ആത്മാവിനെ സംബന്ധിച്ച് ആത്മാനന്ദത്തെ സംബന്ധിച്ച് സ്വസ്വരൂപത്തെ സംബന്ധിച്ച് എല്ലാം അവിദ്വാനും അജ്ഞാന സംശയ ഭാവന കല്പന ഇതെല്ലാം ഉണ്ട് വിദ്വാനെന്ന് പറഞ്ഞാലോ ഇത്തരം അജ്ഞാന സംശയ ഭാവനകളൊന്നുമില്ല അതിന് യാതൊരു സംശയവും ഇല്ല നിശ്ചിന്തനാണ് അതിന്നതാണ് ആ കാര്യത്തിൽ സംശയം ഇങ്ങനെയുള്ള മിഥ്യാഭാവനകളൊന്നും അയാൾ സൂക്ഷിക്കുന്നില്ല അവിടെ വിഷയവിഷയിഭാവത്തിലുള്ളവർ ആനന്ദത്തെ അനുഭവിക്കാന്നുള്ള പ്രതീക്ഷയില്ല ഇനി ഒരാൾ പറയുകയാണ് ഞാൻ ആനന്ദത്തെ അനുഭവിക്കുന്നു നിഷേധിക്കേണ്ട കാര്യങ്ങൾ ആനന്ദം അനുഭവിക്കാൻ പറഞ്ഞുണ്ടോ ഇവിടെ ത്തിലെ ആനന്ദപ്രകരണമെന്ന് പറയുന്ന ഈ ഭാഗത്ത് വളരെ ശ്രേഷ്ഠമായ ആനന്ദം ഉണ്ടെന്ന് തന്നെ ഇവിടെ പറയുന്നു ആനന്ദത്തെ നിഷേധിക്കുകയല്ല അദ്വൈത ആനന്ദം അതല്ല തത്വജ്ഞാനിയുടെ ആനന്ദം അതല്ല തത്വജ്ഞാനിയുടെ മുക്തി എന്ന് പറയുന്ന അതല്ല ആനന്ദമല്ല എന്തുകൊണ്ടല്ല അദൃശി അനാത്മി ഉദരം അന്തരം പുരുതേ ഇത്യാദിനുമ്പ് തന്നെ പറഞ്ഞത് അദൃശ്യമാണ് അനാത്മ്യമാണ് സ്വസ്വരൂപം യാതൊരു ഉപാധി സ്വീകരിക്കാത്തതാണ് പരമാർത്ഥത്തിനൊരു ഉപാധി അവിടെയില്ല ആനന്ദം ഇവിടെ അനുഭവിക്കുന്നു അവിടെയെല്ലാം ഉപാധി വേണം ഈ ശരീരത്തിരുന്നു കൊണ്ട് സമാധി അഭ്യാസം കൊണ്ട് അവിടെ മനസ്സെന്ന് പറയുന്ന ഉപാധിയുള്ളൂ സമാധിയില്ല അപ്പോൾ ഇനി ഈ ശരീരം ഇട്ടിട്ട് വലിയ ആനന്ദത്തെ അവിടെ ദേവശരീരം ഗന്ധർവശീരം അവിടുത്തെ വിഷയങ്ങൾ ഉപാധികളുണ്ട് ഇവിടെ എന്ത് പറഞ്ഞു അന്നാത്മിയെ നിരുപാധികമാണ് അദൃശ്യേ അവിടെ വിഷയവിഷയീഭാവമില്ല അവിടെ ഉദരം അന്തരം ഗുരുതി അവിടെ അല്പമെങ്കിലും ഭേദത്തെ കൽപ്പിച്ചു കഴിഞ്ഞാൽ ഭേദം എങ്ങനെയാണ് ഞാൻ ആത്മാനന്ദത്തെ അനുഭവിക്കുന്നു ഭേദം വന്നു കഴിഞ്ഞു അവിടെ എന്ത് വന്നു അത് തത്വജ്ഞാനമല്ല അദ്വൈതത്തെ സംബന്ധിച്ച് അല്ലാതെ ഇവിടെ ശ്രുതി പറയുന്നത് പോലെ തന്നെ ആനന്ദത്തിനുള്ള ഉപായങ്ങൾ ഒരുപാട് പറയുന്നുണ്ട് യോഗവും ഭക്തിയും എല്ലാം ആനന്ദത്തിനുള്ള ഉപായങ്ങളാണ് അതിലൂടെയൊക്കെ ആനന്ദത്തെ പ്രാപിക്കാം അതിനാരും നിഷേധിക്കുന്നില്ല അത് അസംബന്ധമെന്ന് പറയുന്നില്ല പാടില്ലെന്ന് പറയുന്നില്ല അതിന് വാസനയും താല്പര്യം ഒക്കെ ഉള്ളവർക്ക് അങ്ങനെ ആനന്ദത്തെ അനുഭവിക്കാം അദ്വയമായ ആനന്ദം അദ്വൈതപരമായി ആനന്ദത്തെ വ്യാഖ്യാനിക്കുമ്പോൾ അവിടെ അജ്ഞാന സംശയാദികൾ നിരാകരിക്കുക എന്നുള്ള കവിഞ്ഞ് നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ഈ പറയുന്ന ഇവിടെ വ്യാഖ്യാനിച്ച തരത്തിലുള്ള ആനന്ദാനുഭവങ്ങൾ അവിടെയില്ല ആനന്ദാനുഭവം വന്നാനന്ദവിനോട് വിഷയവിഷയ വിഭവം വരും ബ്രഹ്മാവിനെ സംബന്ധിച്ച് ബ്രഹ്മാവ് ആനന്ദത്തെ അനുഭവിക്കുന്നവൻ ബ്രഹ്മാവിന്റെ ആനന്ദം ദ്വൈതമുണ്ട് അദ്വൈതമല്ല അദ്വൈതമുണ്ടെങ്കിൽ രക്ഷപ്പെട്ടൻ അവിടെ പോയിരുന്നീ കടുത്ത പണിയൊന്നും ചെയ്യേണ്ട ആവശ്യം വരുത്തില്ല അദ്വൈതത്തിൽ അത്ര ഒരു നമ്മൾ അങ്ങനെ ആത്മാനന്ദത്തെ അനുഭവിക്കുന്നുവെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ആത്മാവസ്വയം പ്രകാശമാണ് ആനന്ദ സ്വരൂപമാണ് അതാണ് തന്റെ സ്വരൂപം എന്നൊരാൾ ധരിക്കുകയും അതിന്റെ ആനന്ദത്തെ അനുഭവിക്കുന്നു എന്ന് പറയുകയും ചെയ്തു അത് അദ്വൈതത്തിന് വിരോധമാണ് നിഷേധ അതിനെ നിഷേധിച്ചിരിക്കുന്നു അതേതുപോലെ അഗ്നിയിൽ നിന്ന് അതിന്റെ ഉഷ്ണത്തെ എടുത്ത് അനുഭവിക്കുമെന്ന് പറയുമ്പോഴെയാണ് വേർതിരിച്ച് അനുഭവിക്കുമെന്ന് പറയുമ്പോൾ അഗ്നി നമുക്ക് പരിചയമുണ്ട് ഉഷ്ണവും പരിചയമുണ്ട് ഒരാൾ പറയുന്നു ഞാൻ അഗ്നിയുടെ ഉഷ്ണത്തെ അഗ്നിയിൽ നിന്ന് വേറെ പിരിച്ചനു അനുഭവിക്കുന്നു എന്ന് പറയുമ്പോ അതെങ്ങനെ സാധ്യമാണ് അതുപോലെ എന്താണ് ഇവിടെ അതിന്റെ സ്വരൂപം തന്നെ ആനന്ദമാണ് ആത്മസ്വരൂപം തന്നെ ആനന്ദമാണ് അതിൽ ഭേദമില്ല വിഭാഗമില്ല അത് ആനന്ദം ആണ് അത് ജ്ഞാനമാണ് സത്താണ് വിഭുവാണ് അനന്തമാണ് എന്ത് വേണോ പറയാം അവിടെ അതിൽ നിന്നും പിന്നെ ആനന്ദത്തെ വേണ്ടിരിക്കാൻ പറ്റില്ല അതിനെ സംബന്ധിച്ചുള്ള അജ്ഞാന സംശയാദികൾ വിട്ടുകഴിഞ്ഞാൽ അവൻ സ്വരൂപ പ്രതിഷ്ഠിതനായിത്തീരുന്നു അവൻ പിന്നെ ആനന്ദത്തെ പ്രാപിക്കുന്നതിനുള്ള ആഗ്രഹമില്ല അവൻ വിശേഷിച്ചൊരു ആനന്ദത്തെ ഈ ബ്രഹ്മാവിന്റെ ആനന്ദം അതുപോലെ അവനെ പ്രാപിക്കണമെന്നില്ല കൃതകൃത്യനായിരിക്കുന്നു അവനാ നിഷ്ഠനായിരിക്കുന്നു ആനന്ദസ്ഥിതനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതുപോലെ സ്വീകരിക്കുന്നു അതിനെ കുറിച്ചുള്ള ഗുരുക്കന്മാരും പലരും ആനന്ദത്തെ കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് അവർ പറയുന്നതിന്റെ പരവുമായ താല്പര്യം ഇതായിരിക്കും ശ്രുതി പറയുന്നതായിരിക്കും അങ്ങനെ വിഷയവിഷയി ഭാവമില്ലാത്ത അല്ലെങ്കിൽ പറഞ്ഞതുപോലെ ആനന്ദം ആനന്ദി എന്നുള്ള വിഭാഗമില്ലാത്ത ആനന്ദത്തെ കുറിച്ചായിരിക്കും പറയുന്നത് കേൾക്കുന്നവന് അവന്റെ സംസ്കാരം അനുസരിച്ച് ജയിക്കുമ്പോൾ അവന് പലതരത്തിലുള്ള ആനന്ദം വരും അല്ലെങ്കിൽ ഇവിടെ ശ്രുതി പറഞ്ഞതുപോലെയുള്ള പലതരത്തിലുള്ള ആനന്ദത്തെ കുറിച്ചായിരിക്കും കർമ്മം കൊണ്ടും ഉപാസന കൊണ്ടും പ്രാപിക്കേണ്ട ആനന്ദത്തെ കുറിച്ചാണ് അങ്ങനെയുള്ള ആനന്ദങ്ങളുണ്ടെന്നാണല്ലോ ശ്രുതി എന്നെ പറയുന്നത് രണ്ടു തരത്തിലും പറയുന്നു കാരണം ശ്രുതി എന്നിവിടെ രണ്ടും പറയുന്നു ശ്രുതി പറയുന്നു ശ്രോത്രീയസ്യ അകാമഹത അകാമഹതത്വം പൂർണ്ണമാകുമ്പോ ഉള്ള ഒരു ആനന്ദത്തെക്കുറിച്ച് പറയുന്നു അതേസമയം അത് പൂർണ്ണമാകാതിരിക്കുമ്പോൾ ഉള്ള ആനന്ദത്തെക്കുറിച്ചും പറയുന്നുണ്ട് അതുകൊണ്ട് അദ്വൈതത്തെ സംബന്ധിച്ചിടത്തോളം ആനന്ദം സ്വാഭാവിക സ്വസ്വരൂപം തന്നെ ആനന്ദ ആനന്ദിനോസ്വ ആ വിഭാഗവും അത്ര അവിടെ ഒരു വിഭാഗമില്ല ഇതാണ് ആനന്ദ മീമാംസ തൈത്തിരി വിംഷത്തിന് ബ്രഹ്മം ആനന്ദമാണ് എന്ന് പറയുന്നതിന്റെ പരവുമായ താല്പര്യം എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നു അതുഭാഷ്യകാരൻ അദ്വൈതപരമായി വിശദീകരിച്ചിരിക്കുന്നു തത്വജ്ഞാനിയുടെ ആനന്ദം എന്ന് പറയുന്നത് എന്താണ് ഒന്നുകിൽ ആ തത്വജ്ഞാനിയുടെ സ്വരൂപം എന്ന് പറയും അല്ലെങ്കിൽ ആ തത്വജ്ഞാനിയിലെ അജ്ഞാന സംശയാദി ദോഷങ്ങൾ മാറിയിരിക്കുന്നു എന്ന് പറയും ഇത് രണ്ടുമല്ലാതിന് പേരെ അർത്ഥമൊന്നുമില്ല വേറെ അർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അത് ദ്വൈതമാണ് അദ്വൈതമല്ല ദ്വൈതത്തിൽ അങ്ങനെയുള്ള ആനന്ദമെല്ലാം സംഭവിക്കുക അങ്ങനെ പറയുമ്പോ ചിലവ് സംശയമുണ്ട് പിന്നെ ഈ അദ്വൈതത്തിൽ എന്താ വിശേഷിച്ച സംഭവിക്കുന്ന എന്താ വിശേഷിച്ച് സംഭവിക്കുന്നത് ചോദിക്കുന്നു ഒരാള് ചോദിക്കും ഒരുപാട് തപസ്സും സമാധിയും ഇതൊക്കെ ആൾക്കാർ ചെയ്യുന്നപ്പം വ്യത്ഥമാണ് അതിൻ്റെയൊക്കെ ആവശ്യവും അദ്വൈതം പറയുന്ന അനുസരിച്ച് അതൊന്നും ആവശ്യമില്ലാത്തതാണല്ലോ ഇതൊക്കെ കേട്ട് കഴിയുമ്പോൾ തൊന്ന് സംശയമാണ് അപ്പോൾ ഈ സംശയം കൂടി മാറിയാ മതി ശരിയാകും ഈ വരുന്ന സംശയമുണ്ടല്ലോ ഒരാൾ പറയുന്നു പറഞ്ഞ കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി അദ്വൈതത്തെ സംബന്ധിച്ച് പറഞ്ഞ ഈ പ്രസംഗങ്ങളെല്ലാം കേട്ട് മനസ്സിലായി മനസ്സിലായപ്പോൾ ഞാൻ മനസ്സിലാക്കി ഇതാണെന്താണോ അങ്ങനെയാണെങ്കിൽ ഈ തപസ്സും സമാധിയൊക്കെ വ്യർത്ഥമാണല്ലോ ഈ ചോദ്യത്തിന് സംശയം എന്ന് ാണ് ഇവിടെ പറയുന്നത് അതാണ് അജ്ഞാന സംശയാദിവ്യവധാനഭാവം എന്ന് പറഞ്ഞത് അപ്പൊ ചോദ്യകർത്താവിനെ സംബന്ധിച്ചിടത്തോളം ഇതാ പ്രശ്നം എന്താണ് ഈ സംശയം ഈ സംശയത്തിന് കാരണമായ അജ്ഞാനം ഇരുപണ്ട് അപ്പൊ ഈ സംശയത്തിന് കാരണമായ അജ്ഞാനവും ഈ സംശയവും മാറിക്കഴിഞ്ഞാൽ അത് മാറണമെന്നാണ് ഇവിടെ പറയുന്നത് അത് ഇതൊക്കെ ശ്രവണം ചെയ്തിട്ടും അതുംകൊണ്ട് മാറുന്നില്ലല്ലോ അപ്പം അത് മാറാതിരിക്കുന്നത് അദ്വൈതത്തിന്റെ ന്യൂനതയല്ല ഭാഷകാരന്റെ ന്യൂനതയല്ല തന്റെ ന്യൂനതയാണ് അപ്പൊ തന്റെ ന്യൂനതകളെ പരിഹരിക്കുക അത് അതെങ്ങനെ പരിഹരിക്കും അതിനെന്തുപായമാണോ അത് സ്വീകരിക്കും എന്തൊക്കെ അപ്പോൾ മറ്റുപായങ്ങളെല്ലാം ഈ നൂനതകളെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് കർമ്മങ്ങളും ഉപാസനകളും എല്ലാം അതുകൊണ്ട് ഈ അവസാനിക്കാത്ത സംശയത്തിന്റെ കാരണങ്ങളെയൊക്കെ പരിഹരിക്കും അങ്ങനെ പരിഹരിച്ച് വേദാന്ത വിചാരം ചെയ്യുമ്പോൾ ഈ ചോദ്യം അവസാനിക്കും ആ ചോദ്യം അവസാനിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു അദ്വൈതിയെ സംബന്ധിച്ച് പിന്നീട് സമാധിഭ്രമം ആനന്ദഭ്രമം തപസ്സിന്റെ ഭ്രമം ഇങ്ങനെയുള്ള അഭ്യാസ ഭ്രമങ്ങളെല്ലാം മാറും അല്ലെങ്കിൽ ഈ സംശയം ഇങ്ങനെ തുടർന്നുകൊണ്ടേ അപ്പോൾ ഇതിൻ്റെ മൂലകാരണമെന്ന് പറയുന്നത് എന്താണ് തൻ്റെ തന്നെ അല്ല ഒരാൾ പറയുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും എനിക്കിതങ്ങോട്ടും ബോധ്യപ്പെടുന്നില്ല എനിക്ക് സമാധി ശീലിച്ചേ പറ്റൂ അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ശീലിക്കും മുറി അടച്ചിരുന്നു ഉറങ്ങാതെ ശീലിക്കും ശീലിച്ച് ആനന്ദത്തെ അനുഭവിക്കുക അതാണ് വേണ്ടത് അത് ചെയ്യണം അജ്ഞാനം നശിക്കുന്നില്ല സംശയം മാറുന്നില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്താണ് തന്റെ ഭാവന കൽപ്പന തന്റെ ആഗ്രഹം അനുസരിച്ച് പ്രവർത്തിക്കുന്നു ശ്രുതി രണ്ടു തരത്തിലും പറയും ഒന്ന് വസ്തുനിഷ്ഠമായി പറയും ചിലർക്ക് അർത്ഥവാദപരമായി പറയും ആധ്യാത്മവിശ്വാസത്തിൽ ഇത് രണ്ടുമുണ്ട് വസ്തുനിഷ്ഠമായി പറയുമ്പോ തത്വത്തെ പറയും പിന്നതാണ് അവിടെ എന്താണ് പറയുന്നത് ഉദരം അന്തരം ഗുരുതര രേശം പുനോടെ ഭേദം ഒന്നും ഉണ്ടാക്കാൻ പാടില്ല അതാണ് പരമാർത്ഥം അതാണ് തത്വങ്ങൾ അത് പറയും പക്ഷെ അത് പറഞ്ഞാൽ തലയിൽ കയറിയില്ലെങ്കിൽ ആ തത്വത്തെ ഗ്രഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അർത്ഥവാദപരമായിട്ട് പറയും പറയുമ്പോൾ അവൻ ഇത് ഈ തത്വത്തെ പറയുമ്പോൾ ഗ്രഹിക്കാതെ അവൻ വിഷണ്ണനാവും നിരാശനാവും അവനെ കൊതിപ്പിക്കാൻ വേണ്ടി പറയും അതാണ് ഈ ഒരുപാട് സുഖങ്ങളെ കുറിച്ച് പറയുന്നത് അത് മനുഷ്യ ശരീരത്തിലിരുന്ന സുഖം പിന്നെ ദേവശരീരത്തിലിരുന്ന സുഖം ബ്രഹ്മാവിന്റെ സ്ഥാനത്തെത്തിയാലുള്ള സുഖം അങ്ങനെ നമുക്ക് സങ്കല്പത്തിനപ്പുറമുള്ള സുഖത്തെക്കുറിച്ച് പറയും അപ്പോൾ ഈ തത്വം ഗ്രഹിക്കാത്തവന് പിന്നെ അവനെ പിന്നെ പ്രചോദിപ്പിക്കുന്ന എന്താണ് ഈ സുഖത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകളാണ് അപ്പോൾ ഈ സുഖത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ കൊണ്ടെന്ത് ചെയ്യും അവൻ ആ സുഖത്തിന് വേണ്ടി പ്രവർത്തിക്കും അതിനുവേണ്ടി കർമ്മങ്ങളും ഉപാസനകളും അനുഷ്ഠിക്കും അതിൻ്റെ ഫലം അതിനുണ്ടാകും ഇത് രണ്ടു വഴിയാണ് ഒന്നുകിൽ തത്വം നിഷ്ഠനാവുക അതിനജ്ഞാന സംശയങ്ങൾ അനുവദിക്കുന്നില്ല അതിന് കാരണമായ ദോഷങ്ങളുണ്ടെങ്കിൽ അതിനും ശ്രുതി എന്ന പറയുന്നു ഉപാസങ്ങൾ രക്ഷിക്കുക ആനന്ദത്തെ പ്രാപിക്കുക നമ്മളിവിടെ വ്യക്തമാക്കുന്നത് എന്നു എന്താണ് അദ്വൈതം എന്ത് അദ്വൈതമല്ല അതാണ് അല്ല ഒന്നിനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടല്ല ഒന്ന് മോശമെന്ന് പറയാൻ വേണ്ടിയിട്ടുമല്ല അദ്വൈതം ഇതാണെന്ന് അറിയാതെ നമ്മൾ ധരിക്കുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ല അതിനു വേണ്ടി പറയുകയാണ് അദ്വൈതം ഇതാണ് മറ്റുള്ളവരെല്ലാം കൂടെ ആകാം പ്രചരിപ്പിക്കാം അതൊക്കെ ലോകത്തിന് ആവശ്യമാണ് അത് നമുക്ക് പറഞ്ഞു കൊടുത്താൽ പക്ഷെ അതിനെ അദ്വൈതമെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കരുത് അത് ശരിയല്ല അങ്ങനെ പറഞ്ഞാൽ അത് ഭാഷ്യകാരനും ശ്രുതിയും ഒക്കെ പറഞ്ഞതിന് വിരുദ്ധമാണ് അതിന് വേറെ എന്തെങ്കിലും ടെക്നിക്ക് എന്ന് പേരിട്ടുള്ളത് ഒരു വിരോധമില്ല അദ്വൈതം ഇതാണ് അതിന്റെ പരമമായ നിലപാട് ഇതാണ് അത് ഈ ഭാഗത്ത് വളരെ വ്യക്തമായി പറയുന്നത് എല്ലായിടത്തും ഇത് തന്നെ പറയുന്നത് ഇത് തന്നെ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു എത്രയോ വർഷങ്ങൾ കൊണ്ട് ഇത് തന്നെ ആവർത്തിക്കുന്നു പക്ഷെ തലയ്ക്കകത്ത് കയറണ്ടേ അവിടെ ഇതിന് കയറുന്നതിനുള്ള ഇടമില്ല ഇടുങ്ങിയ തലയായിപ്പോയി തത്വം വളരെ വലുത് അതാ പ്രശ്നം പൗണ്ടു ഭാഷകാരം പറയുന്നു സ്വാഭാവികോ ഏഷ പരമാനന്ദ സമുദ്ര അംബശൈവ വികൃഷപ്രവിഭക്ത സമുദ്രജലത്തിലെ ജലത്തുള്ളികൾ പോലെ നാനാരൂപത്തിലിരിക്കുന്നത് എത്ര ഏകതാം ഗതാഹ ഏതൊരു പരമാത്മാവിലാണോ ഏതൊരു സുസ്വരൂപത്തിലാണോ ഏകീഭവിച്ചിരിക്കുന്നത് സയേഷ പരമാനന്ദ ആ സ്വരൂപം തന്നെയാണ് പരമാനന്ദം സ്വാഭാവിക അവിടെ ഒന്നും കൃത്തമല്ല ഉണ്ടാക്കിയതല്ല സ്വാഭാവികം എന്ന് വെച്ചാൽ അതിൻ്റെ സ്വരൂപം സ്വഭാവന സ്ഥിതം സ്വഭാവീന ഭവം അത് അങ്ങനെയാണ് അദ്വൈതത്വ ഇവിടെ ഭാഷകാരം പറയുന്നു തനിക്ക് പറയാനുള്ള അദ്വൈതത്തെക്കുറിച്ചാണ് അത്ര ഇവിടെ ഈ നിലയിൽ ആനന്ദ ആനന്ദിനോ അവിഭാഗ അവിടെ ആനന്ദവും ആനന്ദത്തെ അനുഭവിക്കുന്നവനും ഇല്ല അതുകൊണ്ടാണ് ചില സ്ഥലത്ത് ഈ അദ്വൈതത്തെ കുറിച്ച് പറയുമ്പോൾ അനുഭവ അതീതം എന്ന് പറയുന്നത് അപ്പൊ ചില പിന്നെ അനുഭൂതി എന്ന് പറയുന്നത് എന്താ എല്ലാ പര്യായ ശബ്ദങ്ങളാണ് അനുഭവം എന്ന് പറഞ്ഞാലും അനുഭൂതി എന്ന് പറഞ്ഞാലും അത് ചോദിക്കുന്ന പോലെയാണ് അനുഭൂതി എന്ന് പറയുന്നതിനെന്താ എന്ന് ചോദിക്കുന്ന പോലെ അത് ഏതുപോലെ ഒരാൾ ചോദിക്കുകയാണ് സൂര്യനെന്ന് പറഞ്ഞാൽ എന്താണ് പിന്നെ സൂര്യന്റെ വെളിച്ചമെന്ന് പറയുന്നത് എന്താണോ അതെന്താ സൂര്യൻ എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലായി പിന്നെ സൂര്യന്റെ വെളിച്ചം എന്ന് പറയുമ്പോൾ അതെന്താ എന്ന് ചോദിക്കുമ്പോഴാണ് അഗ്നി എന്ന് പറയുന്നത് മനസ്സിലാവുന്നത് അഗ്നിയുടെ ഉഷ്ണം എന്താ എന്ന് ചോദിക്കുമ്പോഴാണ് എന്നുവെച്ചാൽ സ്വന്തം കൽപ്പന കൊണ്ട് അതിനെ വേർതിരിക്കുന്നു അഗ്നി അഗ്നിയുടെ ഉഷ്ണം സൂര്യൻ സൂര്യന്റെ പ്രകാശം ഇതിനെയൊക്കെ വേർതിരിക്കുന്നു ധാരാ വേർതിരിച്ച് താൻ തന്നെ ദ്വൈതബുദ്ധിയൊണ്ട് വേർതിരിച്ചു എന്നിട്ട് ചോദിക്കുന്നു സൂര്യൻ സൂര്യന്റെ വെളിച്ചം അതുപോലെയാണ് പറയുന്നത് ആത്മാവ് ആത്മാവിന്റെ അനുഭൂതി എന്ന് പറയുന്നു സൂര്യനും സൂര്യന്റെ വെളിച്ചവും തമ്മിലുള്ള ബന്ധമെന്താ അതാണ് ആത്മാവും ആത്മാവിന്റെ അനുഭൂതിയും തമ്മിലുള്ള ബന്ധം സൂര്യനും സൂര്യന്റെ വെളിച്ചവും തമ്മിലുള്ള വ്യത്യാസം എന്താ ആ വ്യത്യാസം മനസ്സിൽ കണ്ടുകൊണ്ടാണോ ചോദിക്കുന്നത് അഗ്നിയും ഊഷ്ണവും തമ്മിലുള്ള വ്യത്യാസമെന്താ അത് ആത്മാവും ആത്മാനുഭൂതിയും തമ്മിലുള്ള വ്യത്യാസം മീമാംസഫലം ഉപസംഹരിയതേ ആനന്ദമീമാംസ അതിന്റെ ഫലത്തെ കുറിച്ച് ഇവിടെ പറയുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ അതിന്റെ പരമമായ താല്പര്യത്തെ വെളിപ്പെടുത്താവുന്നതിന്റെ പരമാവധി വെളിപ്പെടുത്തിയാലും ഈ ജീവന്റെ ബുദ്ധി വളരെ സ്ഥൂലമാണ് വീണ്ടും അവൻ കാട് കയറി ചിന്തിക്കുന്നു അവന്റെ ചിന്തക്കനുസരിച്ചുള്ള ഉപദേശം പിന്നെ വേണ്ടി കിട്ടും ആദ്യം പരമാർത്ഥം പറഞ്ഞു രോഗത്തിന് ശരിയായ മരുന്നാദ്യം തന്നെ വൈദ്യം കൊടുത്ത് അതുകൊണ്ട് രോഗം മാറും മാറേണ്ടതാണ് പക്ഷെ രോഗിക്ക് സംശയം ഈ മരുന്ന് മതിയോ അപ്പൊ വൈദ്യൻ വേറെ എന്തെങ്കിലും കൊടുക്കോ അത് മരുന്നായിരിക്കണമെന്നൊന്നുമില്ല ഡിസ്റ്റലിൻ്റെ വാട്ടറെടുത്ത് കുത്തിവെച്ചു കൊടുത്തു ആ അപ്പോ ശരിയായി അസുഖം മാറി അസുഖം മാറിയത് ആദ്യത്തെ മരുന്നു കൊണ്ടാണ് പക്ഷെ ഈ പ്രയോഗം കൂടെ ചിലർക്ക് ചെയ്താലേ പറ്റൂ അസുഖം മാറത്തില്ല അത് അസുഖത്തിന്റെ പുറത്തുള്ള അസുഖമാണ് ആ രണ്ടാമത്തെ അസുഖത്തിന് ചികിത്സിക്കാനാണ് ഈ ഞുണുക്ക് വിദ്യ പ്രയോഗിക്കുന്നത് എപ്പോഴും ഇങ്ങനെയാണ് ചെറിയത് പരമമായ തത്വത്തെ പറയും വീണ്ടും മൂടബുദ്ധി കാട് കയറും ചിന്ത വീണ്ടും അവന്റെ ബുദ്ധിക്കനുസരിച്ച് വീണ്ടും എന്തെങ്കിലുമൊക്കെ പറയും വീണ്ടും അവനെ തത്വത്തിലേക്ക് കൊണ്ടുപോകും തത്വത്തിൽ അവനെ സ്ഥിരമാക്കും അതുകൊണ്ട് അർത്ഥവാദപരമായിട്ട് പല പറയും വീണ്ടും പ്രശംസിക്കും മറ്റുള്ള കാര്യങ്ങൾ അതങ്ങനെയാണ് ഇങ്ങനെയാണ് അവന്റെ ചിന്തക്കനുസരിച്ച് വീണ്ടും അവന്റെ മനസ്സിനെ സമാനപ്പെടുത്തും വീണ്ടും അവനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു അതുപോലെയാണ് ഇതിന്റെ പോക്ക് അല്ലാതെ ഒരേ ഗതി ഇല്ലാത്തത്വചിന്തയും വക്രഗതി എന്ന് പറയും പളഞ്ഞും പൊളഞ്ഞോ പോകുന്നു അവന്റെ ബുദ്ധി നേരെ അല്ലെങ്കിൽ പിന്നെ അവന്റെ അടുത്ത് അവന്റെ ബുദ്ധിക്ക് അനുസരിച്ച് പറഞ്ഞതന്നെ പറ്റും അടുത്ത ശ്രുതി പറയുന്നു എം പുരുഷയും യശ്ചാസോ ആദിത്യേ സേകംവിത് അസ്മാോകാത് പ്രീതം അന്നേം പ്രാണമയം ആത്മാനു ഏദം മനോമയം ആത്മാനം ഉപസംഗ്രാമതി യം ആത്മാന മുമതി തലോകോഭാ